യോഗയുക്തോ വിശുദ്ധാത്മാ വിജിത്മാജിത്മാ ലി യോഗേന യുക്തുദ്ധസവിതമാ യോഗയുക്തോ വിശുദ്ധാത്മാ യോഗനെന് വച്ചാൽ നിത്യനിരന്തരമായി പ്രവർത്തിക്കുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ഭഗവതർപ്പണമായി ചെയ്യുന്നവൻ കർമ്മം ചെയ്യുന്നതിൽ എന്തെങ്കിലും അയാൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഭഗവാൻ സന്തോഷിക്കട്ടെ എന്നാണ് ഭഗവാൻ സന്തോഷിച്ചു എന്ന് എങ്ങനെ അറിയും ഭാഗവതത്തിൽ എങ്ങനെയാണ് പറയണത് ഭാഗവതം ആരംഭിക്കുമ്പോഴേ ശരിശുഖബ മഹർഷി ഭക് ഭക്തിയായിട്ട് പറയുന്നത് എന്താണ് ഭക്തി എന്ന് വെച്ചാൽ നിരന്തരം പ്രവർത്തിക്കുന്നു ഭക്തൻ പക്ഷെ ഭക്തിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ യയാഷ്യതി അധോക്ഷജ കപില ഭഗവാൻ പറയണത് കർമ്മയോഗിയാണ് ഏറ്റവും വലിയ ഭക്തി ഭക്തൻ എന്നാണ് കാപിലത്തില് ഭാഗവത്തിൽ പറയണു താമസഭക്തനെ കുറിച്ച് പറയേണ്ടത് അയാളും ഭക്തൻ എന്ന് എന്താന്ന് വെച്ചാൽ അയാൾ പറയൂ അത്രേ ഭഗവാനെ അടുത്ത വീട്ടുകാരനെ ഒരുപാട് എന്നെ ദ്രോഹിക്കണു അവനെ ഒന്നു ശരിയാക്കി തന്നാ വേണ്ടില്ല അതെങ്ങനെ ചെയ്താലും വേണ്ടില്ല താമസഭക്തനാണ് വേറെ ചില ഭക്തൻ പറയും എനിക്ക് വ്യാപാരം നന്നായിട്ട് നടക്കണം നാളികേരം അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് നേർച്ച നേരുന്ന ഭക്തൻ രാജസനാണ് സാത്വിക ഭക്തൻ എനിക്ക് മോക്ഷം കിട്ടണമെന്നും ജ്ഞാനുണ്ടാവണമെന്നും കർമ്മം ഒഴിഞ്ഞു പോകണമെന്നും ഒക്കെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ഭക്തി ചെയ്യുകയും അവനും ആഗ്രഹമാണ് മോക്ഷമാണെങ്കിലും ആഗ്രഹമാണ് സാത്വിക ഭക്തൻ നിർഗുണഭക്തനെന്നും പരാഭക്തി നേടിയവനെന്നും ഒരാളെ പറയുന്നു അയാള് ഭഗവത് തത്വ ശ്രവണ മാത്രത്തിൽ അയാൾ ജ്ഞാനനിഷ്ഠനാണ് അയാൾ നിരന്തരം പ്രവർത്തിക്കും മോക്ഷമോ കൈവല്യമോ പുനർജന്മം വരാതിരിക്കലോ ഒന്നും അയാൾക്ക് ആഗ്രഹമില്ല യാതൊന്നും കൊടുത്താൽ പോയാൽ പോലും അയാൾ ആഗ്രഹിക്കുന്നില്ല രോഗമംഗലത്തിനു വേണ്ടി ശരീരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കൊടുത്തുകൊണ്ടിരിക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അയാൾക്കൊന്നും കിട്ടാനില്ല അയാള് ഇമോഷണലൊന്നും ആവില്ല അയാൾക്ക് ഭാവസമാധി മുതലായ അവസ്ഥകളൊന്നും ചിലപ്പോ ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ആന്തരികമായ ആഗ്രഹവും അയാൾക്കില്ല ആന്തരികമായ സുഖാസക്തിയും അയാൾക്കില്ല അയാൾ താനെന്നുള്ള ഒരു വ്യക്തിയേ ഇല്ലാതെ ഇരുന്നുകൊണ്ടിരിക്കും അപ്പോ ഭഗവാൻ പറയണത് അയാളുടെ പുറകെ ഞാൻ നടക്കുമെന്നാണ് അയാളുടെ മനസ്സ് നിത്യനിരന്തരം ഹൃദയഗുഹയിൽ നിഷ്ഠവുമാണ് മനോഗതി അവിഛന്ന യഥാഗംഗാംബസഹ അംബുധ ലക്ഷണം ഭക്തിയോഗ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം എന്റെ ബാക്കി ശ്ലോകം എനിക്ക് ഓർമ്മയില്ല അവിടെയാണ് പറഞ്ഞു വരുന്നത് അയാൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ലോകമംഗളത്തിന് വേണ്ടിയോ ഭഗവത് കൈങ്കറിയുമായിട്ടോ ചെയ്തുകൊണ്ടേയിരിക്കും അയാൾക്ക് അതൊന്നും ഒരു ഫലത്തിലും ഇച്ഛയില്ല ഇങ്ങനെ ഒരു ഭക്തന്റെ മുമ്പിൽ മുമ്പില് ദേവതകളൊക്കെ വന്ന് പറഞ്ഞു അത്ര അങ്ങക്ക് ഞങ്ങൾ എന്തെങ്കിലും തരണം എന്തെങ്കിലും വരം ചോദിക്കും ഈ ഭക്തൻ പറഞ്ഞു എനിക്കൊന്നും ചോദിക്കാനില്ല അപ്പൊ ദേവതകൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല അങ് എന്തെങ്കിലും ചോദിച്ചാലേ ഞങ്ങൾ വന്നതിന് പ്രയോജനമുള്ളൂ ഒരുപാട് നിർബന്ധിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ആളുകൾക്ക് ദുഃഖമുണ്ടെങ്കിൽ ദുഃഖം തീരണം മഴ പെയ്യുന്നില്ലെങ്കിൽ മഴ പെയ്യട്ടെ മഴ കൂടുതൽ പെയ്യുകയാണെങ്കിൽ അനാവൃഷ്ടി അതിവൃഷ്ടിയാണെങ്കിൽ അത് സമമാവട്ടെ എന്തെങ്കിലും വ്യാധിയോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങട്ടെ പക്ഷെ ഞാൻ പോയത് ഇത് സംഭവിച്ചതെന്ന് അവർക്കും എനിക്കും അറിയാൻ അതാണ് സെർവീസ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളുടെ മാഗസീനിൽ അതിന്റെ വലിയ ഘോഷമൊക്കെ നടത്തി പത്രത്തിലൊക്കെ കൊടുത്ത് ഞങ്ങളെ പോലെ സർവീസ് ചെയ്യുന്നവരാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിന്റെ അംഗീകാരമൊക്കെ വാങ്ങി ദു ആർ നോട്ട് സെർവിങ് വിത്ത് ഈസ് ഉള്ളിലൊരു ഈസ്നെസ് ഇല്ലല്ലോ വെൻ യു സെർവ് വിത്ത് ഈസ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിസ് അതാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ പറയുന്നത് ഐ എസ് ഈസ് ആണ് ആദ്യം പറഞ്ഞത് അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് യു സെർവ് വിത്ത് വാട്ട് ഈസ്റ്റ് സ്റ്റേറ്റ് യു വിൽ നോട്ട് ബി ഐ ആം യു വിൽ ബി ഐസ് അങ്ങനെ വെച്ചിട്ട് ഓർമ്മിക്കൂ ഇംഗ്ലീഷിൽ ഗ്രാമാറ്റിക്കലായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ യു വിൽ നോട്ട് ബി ഐ ആം യു വിൽ ബി ഐ ഈസ് അതായത് ഐ വിൽ നോ മോർ ഐ വിൽ ബി ഫസ്റ്റ് പേഴ്സൺ ഇറ്റ് ബി തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ഐ വിൽ നോട്ട് ബി ദേർ അവിടെ അസ്തി മാത്രമേ ഉണ്ടാവുള്ളൂ അസ്മിത്വം ഉണ്ടാവില്ല അസ്മിത്വം പോയി അസ്തിത്വം മാത്രമായി സത്താമാത്ര ശരീരം അപ്പൊ സർവീസ് ആവും അപ്പൊ സർവ്വ്സ് ഓൾസോ റൈറ്റ് സർവ്വ് അപ്പോ വാക്കുകൾ കൊണ്ടുള്ള കളിയാണെങ്കിലും അനുഭവത്തിൽ ഇത് സത്യമാവും നമുക്ക് യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവൻ അപ്പി ന ലിപ്യത യോഗയുക്തൻ എന്നുള്ള വാക്കാണ് നമ്മള് വി ആർ ട്രൈ ടു ഡിഫൈൻ യോഗയുക്തൻ യോഗയുക്തൻ കർമ്മയോഗയുക്തനാണ് ഭഗവാനോട് പറയുന്നത് കർമ്മയോഗയുക്തനായിട്ടുള്ളവൻ ജ്ഞാനയോഗയുക്തനായിട്ട് തീരും കർമ്മയോഗത്തിൽ യുക്തനായവൻ നിരന്തരം പ്രവർത്തിക്കുന്നു അതുകൊണ്ട് വിശുദ്ധാത്മാക്കംസ് പ്യുവർ വിശുദ്ധാത്മാള്ളതിന് ഇവിടെ വിശുദ്ധ വിജിതേഹ ജിതദേഹ എന്നാണ് ശിവശങ്കർ ഭാഷ്യം അതായത് ഹി ബികംസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ബോഡി എന്നുവെച്ചാൽ എന്താർത്ഥം അതായത് നമ്മളുടെ ഞാൻ എന്നുള്ള ഫീലിംഗ് നമ്മളുടെ അത് ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിൽ ഇപ്പം അതുകൊണ്ടാണ് നമുക്ക് ശരീരത്തിൽ ഓരോ കോശങ്ങളിലൂടെയും പ്ലഷർ അനുഭവിക്കാനുള്ള ആഗ്രഹവും പെയിനെ വെറുപ്പമുണ്ട് നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം ഉള്ളിൽ നിന്നും ഭസ്മമാവുമ്പോൾ ശരീരത്തിൽ ഓരോ കോശത്തിലും ആ പ്ലഷറിനോടുള്ള ഇൻവിറ്റേഷൻ ഫോർ പ്ലഷർ ആൻഡ് റെസിസ്റ്റൻസ് ഫോർ പെയിൻ ദാറ്റ് ബാരിക്കേഡ് വിൽ ബി ബ്രോക്കൺ ശരീരം വളരെ ലൈറ്റ് ആയിട്ട് സ്പേസിലൊരു സാധനമായിട്ടിരിക്കും അത് നമുക്ക് ജ്ഞാനത്തിലിരിക്കാൻ തടസ്സം ചെയ്യല പ്രാരബ്ധ വ്യാധിയൊക്കെ വരുവായിരിക്കും അവസാനം പ്രാരബം കൊണ്ടുള്ള വ്യാധിയോ സൂക്കടോ വന്ന് അത് നശിച്ചു പോകും എന്നാലും വേണ്ടില്ല അത് കുറച്ച് വേദനയോക്കെ വിഷമോക്കോ ഉണ്ടായാലും ഇയാൾക്ക് അത് ഇനിമേലാൽ ജ്ഞാനത്തിന് തടസ്സം ഉണ്ടാക്കില്ല കാമക്രോധാദികളെ ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ടോ ഇയാളെ ശരീരത്തിൽ പിടിച്ചു വലിക്കില്ല കാരണം എന്താ ആ ശരീരത്തിൽ ഓരോ കോശത്തിലും ഉറങ്ങിക്കിടക്കുന്ന കർമ്മവാസനകളെ യു ഹാവ് ഓൾറെഡി എക്സോസ്റ്റഡ് ത്രൂ സെൽഫ്ലെസ് ആക്ഷൻ കൂടുതലായോ പറഞ്ഞത് ദേഹം വളരെ ലാഘവമുള്ളതായിട്ട് തീരും നമ്മൾക്ക് നമ്മളെ ജ്ഞാനമാർഗത്തിലേക്ക് തടസ്സം ചെയ്യില്ല അതാണ് വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ വിശുദ്ധാത്മാ എന്ന് പറഞ്ഞാൽ വിശുദ്ധ അന്തരണാം വിശുദ്ധ സത്വ വിജിതാത്മാ എന്ന് വച്ചാൽ ജിതദേഹ വിശുദ്ധ സത്വം എന്ന് പറഞ്ഞാൽ സത്വഗുണം ശുദ്ധമാവും രജോ ഗുണവും തമോ ഗുണവും സെൽഫിഷ്നെസ്സിന്റെ കൂട്ടുള്ളവരാണ് നമ്മള് സെൽഫ്ലെസ് ആക്ഷൻസ് ചെയ്യും തോറും നമ്മൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടെ സെൽഫ്ലെസ് ആക്ഷൻ ചെയ്യണം വെച്ചോളൂ അത് പുണ്യമായിട്ട് ചേരും ഇതൊക്കെ മെറ്റാഫിസിക്സ് ആണ് പുണ്യമായിട്ട് ചേരും ആ പുണ്യവും ആ പുണ്യം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കുന്നതും ആ പുണ്യം ചിലപ്പോ നമ്മളെ സാധുസംഗത്തിലും സത്സംഗത്തിലും ഒക്കെ കൊണ്ടാക്കും നമ്മളുടെ പുണ്യം ഡിപ്ലീറ്റ് ആവുമ്പോഴാണ് രോഗം ഉണ്ടാവുന്നതും ചിലപ്പോ ശാപക്കേട് ഉണ്ടായിന്നൊക്കെ പറയണതൊക്കെ അങ്ങനെയാണ് പുണ്യത്തിന്റെ ബലം കൊണ്ടാണ് നമ്മളൊക്കെ സത്സംഗത്തിലൊക്കെ വന്ന് ഇരിക്കണത് പ്രാഗ് പുണ്യാജല മാർഗദർശിത സുധാമൂർത്തി പ്രസന്ന ശിവ ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ എടുത്ത് പറയണ്ട പ്രാക് പുണ്യാചല മാർഗദർശിത സുധാമൂർത്തി പ്രസന്ന ശിവ ഏതോ പണ്ട് ചെയ്ത പുണ്യത്തിന്റെ ഫലമായി പക്വപ്പെട്ടു വന്ന് ഭഗവാന് ഭക്തി ചെയ്യാനുള്ള മാർഗത്തിൽ കൊണ്ടാക്കി വിട്ടിരിക്കുകയാണെന്നാണ് അപ്പോ ഭക്തിയിലേക്കൊക്കെ പുണ്യം നയിക്കുക പുണ്യമായിട്ട് വന്നാലും ക്രമേണ പുണ്യം സത്വഗുണത്തിന് ഉണ്ടാക്കും ആഹാരശുദ്ധ സത്വശുദ്ധി സത്വശുദ്ധൌസ്മൃതി സ്മൃതിർലാഭേ സർവഗ്രന്ഥീന വിപ്രമോക്ഷ തസ്മൈ മൃദിത കഷായ തമസ്പാരം ദർശയതി ഭഗവാൻ സനത്കുമാര എന്ന് പറഞ്ഞ് നാരദസനത്കുമാര സംവാദം ചാന്ദോകി ഉപനിഷത്തിൽ പൂർത്തിയാവാണ് വിശുദ്ധ സത്വ എന്ന് വെച്ചാൽ ഒരാൾ സത്വഗുണം എപ്പം ശുദ്ധമാവും ആഹാരം ശുദ്ധമായാൽ സത്വഗുണം ശുദ്ധമാവും ആഹാരം എപ്പോൾ ശുദ്ധ ആഹാരം എന്ന് വെച്ചാൽ ഊണ് വായു കൊണ്ട് അടക്കണത് മാത്രല്ല മനസ്സുകൊണ്ട് അടക്കണത് പ്രവൃത്തി കൊണ്ട് എനിത്തിങ് ദ എൻറ്റേഴ്സ് വിത്തിൻ ദ ബോഡി ഓർ മൈൻഡ് ഈസ് ആഹാരം അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോ അതിന്റെ ഫലം ഭുജിക്കുന്നതും ഒക്കെ ആഹാരമാണ് അപ്പൊ കർമ്മം കർമ്മയോഗം സെൽഫ്ലെസ് ആയിട്ട് തീർന്നാൽ ഭക്ഷിക്കുന്ന ഭക്ഷണം പോലും സെൽഫ്ലെസ്സായിട്ട് തീർന്നാൽ ശരീരനിർവഹണത്തിന് വേണ്ടിയായാൽ എല്ലാം സെൽഫ് ലെസ് ആയാൽ നമ്മളുടെ ഉള്ളില് സത്വഗുണം ശുദ്ധമാവും സത്വാത് സഞ്ചായത്തെ ജ്ഞാനം സത്വഗുണം ശുദ്ധമായാൽ വിശുദ്ധ സത്വ അപ്പോഴാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുക അല്ലെങ്കിൽ വെറുതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും ഇന്നൊരാളിനെ ഉച്ചയ്ക്ക് ഫോൺ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം ഉപാസനം മുട്ട തുടങ്ങിയത് അവരുടെ വിഷമാണപ്പം പറഞ്ഞിട്ട് കാര്യം ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവണില്ല ഹൈലി ഇന്റലക്ച്വൽ ആ ഇന്റലക്ട് കിടന്ന ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് നല്ലവണ്ണം കുറെ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞു ഇവർക്ക് എന്തു ചെയ്യാൻ പറ്റും ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങളെ പറഞ്ഞു ബോധിപ്പിക്കാൻ എനിക്കിപ്പോ ചുമതലയൊന്നുമില്ല ഞാൻ വളരെ ഫ്രീ ആണ് ആ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല ഓർഗനൈസേഷൻ ഇല്ല ഫോളോവേഴ്സ് വേണമെന്നുള്ള ആഗ്രഹമില്ല കഴിയണത് ആളുകളൊക്കെ വിട്ടുപോയാ വേണ്ടില്ല എന്നുണ്ട് അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ പറയാം പറഞ്ഞു വൈദ്യന്റെ കൂടെ താമസിച്ചാലേ നാടി പിടിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് രാമകൃഷ്ണദേവൻ പറയാം അപ്പോ സത്സംഗവും സദ്ഗുരുവിനോട് ആദരവും ഒക്കെ ഉണ്ടായി നിങ്ങള് പതുക്കെ പതുക്കെ പതുക്കെ നിങ്ങളിൽ ഒരു അനദർ എലമെന്റ് ഹാസ് ടു അവക്കണ് വിത്ത് വിച്ച് യു ഹാവ് ടു റിസീവ് സ്പിരിച്വൽ Not with the brain or the mind. It will have the content of brain ബ്രെയിൻ mind but it is not brain ബ്രെയിൻ mind. That spiritual organ special എന്താണ് പുതിയതായിട്ടുണ്ടാവുന്ന ഒരു അധ്യാത്മജ്ഞാനത്തിനെ ഗ്രഹിക്കുന്ന ഒരു സാധനം അതിന് ഹൃദയം എന്നൊക്കെയാണ് രമണ ഭഗവാൻ പേര് പറഞ്ഞിരിക്കണത് അത് ബ്ലഡ് പമ്പിങ് ഹാർട്ട് അല്ല ആ ഹൃദയം നമുക്ക് ജ്ഞാനവും അധ്യാത്മ വിഷയവും ഒക്കെ ഹൃദയത്തിൽ ബുദ്ധിയുടെ അംശ് മനസ്സിന്റെ അംശമൊക്കെ ഉണ്ടാവും പക്ഷെ അത് ബുദ്ധിയും മനസ്സും ഒന്നും അല്ല അത് എപ്പോ ഡെവലപ്പാകും അതിനാണ് വിശുദ്ധ സത്വ എന്ന് ഇവിടെ പറഞ്ഞത് അത് ഡെവലപ്പ് ആവണമെങ്കിൽ ഉപാസനാശുദ്ധി വേണം ഉപാസനാശുദ്ധി എന്താ കർമ്മകാന്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം എന്നാണ് selfless പദ്ധതി അതിൽ കർമ്മത്തിനെ സെൽഫ്ലെസ് ആയിട്ട് ചെയ്യണം നമ്മളൊക്കെ കുടുംബത്തിലിരിക്കണമെന്ന് വെച്ചാൽ യു ആർ ദയർ ഓൺലി ടു സെർവ് നോട്ട് ടു എൻജോയ് സെർവീസിന്ന് കിട്ടുന്ന enjoyment is much more deeper than selfish enjoyment. അപ്പോ കുട്ടികളെ നോക്കുന്നു കുടുംബത്തിന് വേണ്ടതൊക്കെ ചെയ്യുന്നു സ്നേഹത്തോടെ എല്ലാം ചെയ്തു കൊടുക്കണു അങ്ങോട്ട് എന്ത് വേണമെങ്കിൽ കൊടുക്കണു നമ്മൾ അവിടെ നിന്ന് എന്താ നമുക്ക് ഊണ് കഴിക്കാനും ജീവിക്കാനും ഉള്ളത് മാത്രം ഗൃഹ ഗൃഹാശ്രമം തപോവനമായിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ നമ്മളുടെ സ്വാർത്ഥത നമ്മളുടെ ഉള്ളിൽ പലതും വേണമെന്ന് തോന്നും ആഗ്രഹം അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനാണ് ആത്മവിചാരം സഹായിക്കുക ആത്മവിചാരം ചെയ്യുമ്പോൾ നമ്മളുടെ അഹന്ത ഉദിക്കുന്നതും അഫോം ചെയ്യണതും ഒക്കെ നമ്മൾ വിട്ടുനിന്ന് കാണാൻ പഠിക്കണത് കൊണ്ട് ഗൃഹത്തിലിരിക്കുമ്പോൾ അത് ഉദിക്കും അത് വേണമെന്ന് പറയും പലതും പറയും പുറത്ത് മറ്റുള്ളവര് നമ്മളുടെ അടുത്ത് പലതും ഇത് ഉള്ളിൽ തുള്ളുന്നതും നമ്മൾ സാക്ഷിയായി നിന്ന് കണ്ടുകൊണ്ടിരിക്കും നടക്കട്ടെ അത് പലതും പറയും അതൊരു പഴയ രോഗമാണ് ആ രോഗം ക്ഷമിക്കണവരെ ഞാനാണ് എനിക്ക് വേണം അതാണ് അതാണെന്നൊക്കെ പറയും അത് ശമിക്കണം വേറെ വിട്ടുനിന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ കുറെ കഴിവ് അത് ശമിക്കണം അപ്പൊ എന്താവും സത്വഗുണം ശബ്ദമാവും അപ്പോ വിചിതാത്മാചിതേന്ദ്രിയ അപ്പൊ എന്താവും സർവഭൂതാത്മഭൂതാത്മാ അയാള് ഈ ബോഡിയിൽ സെന്റേഡ് ആയിട്ടിരിക്കില്ല സർവഭൂതാത്മഭൂതാത്മാ എനിക്ക് എന്ത് കിട്ടിയാൽ സന്തോഷമാകും ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമാവും കർമ്മയോഗിയെ ഉദ്ദേശിച്ചാണ് ഇത് പറയണത് ജ്ഞാനയോഗിക്കും ഇത് ലക്ഷണം സർവഭൂത ഹൃദയം മുനിമാന തോസ്മി എന്നാണ് ശ്രീസുഖബ്രഹ്മ ഭാഗവതം പറയണത് സർവഭൂത ഹൃദയനാണെന്നാണ് ജ്ഞാനികളിലും ഇത് ലക്ഷണം രമണ ഭഗവാൻ അവസാന കാലത്ത് കയ്യിലെ സാർക്കോമാ വന്നു ആ സാർകോമ വന്നിട്ട് വടിയും പിടിച്ച് കൂനിക്കുറങ്ങി നടക്കുകയാണ് ആ വടിയില്ലെങ്കിൽ നടക്കാൻ പറ്റില്ല വടിയും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് രണ്ട് അറ്റൻഡൻസ് കൂടെ നടക്കും അവർക്കൊന്നും ഒരു പണിയുമില്ല കുഞ്ചിസ്വാമി പറയും ഞങ്ങളൊക്കെ കാര്യമായിട്ട് പുറകെ നടക്കും ഞങ്ങൾക്കൊന്നും ഒരു പണിയുമില്ല ബാത്റൂമിൽ പോലും ഭഗവാൻ പ്രൈവസി ഇല്ലാതെ പുറകെ പോകും പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഒരു സാധനവും ഞങ്ങളുടെ അടുത്ത് ചോദിക്കില്ലെന്നും ഞങ്ങളുടെ അടുത്ത് കൊടുക്കണ്ടാവുന്നു ചെയ്യണ്ട അങ്ങനെ കൂനിക്കുറി അവസാനം നടക്കുമ്പോ ആശ്രമത്തിലെ ഒരു ഒരു അണ്ണാനെ ഓടിച്ചു കൊണ്ടുപോവാണ് ഒത്തിരി നായ പിടിക്കും മഹർഷിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു ആ കണ്ട ക്ഷണത്തിൽ തന്റെ കൈയില് വടി പിടിച്ചുകൊണ്ടാണ് നടത്തം ആ വടിയെ ഈ നായ്ക്കും അണ്ണാന്റെ നടുവിൽ ഇട്ടു അണ്ണാൻ രക്ഷപ്പെട്ടു പോയി മഹർഷി ചോട്ടില് വീണ് കൈ ഫ്രാക്ചർ ആവുകയും ചെയ്തു ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ ആണോ ആ മുമ്പിൽ കാണുന്നത് എന്താണോ അത് ഞാനാണോ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടോ മാങ്ങയെന്തോ പറിക്കാൻ വേണ്ടിട്ട് മരത്തില് അടിച്ചടിച്ച ഒരുപാട് ഇലകൾ വീഴുക അത് കണ്ട് തൻ്റെ ശരീരത്തിൽ അടിക്കുന്ന വേദനയോടുകൂടെ മതി നിങ്ങൾക്ക് ഒരു രണ്ടു മാങ്ങ പറിക്കണമെന്ന് പറഞ്ഞ ആ മരത്തിലുള്ള ഇലകളൊക്കെ പറിച്ചെടുക്കണം അല്ലേ അപ്പോഴേ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ സർവഭൂത ആത്മഭൂതാത്മാ കുറുവ തന്നെ പ്രവർത്തിച്ചാലും ആ സ്ഥിതിയിലിരിക്കുന്നവൻ നലിപ്യത അയാൾക്ക് ഈ ശരീരം കൊണ്ട് ആസ്വദിച്ചാലേ സന്തോഷമുള്ളൂ എന്നില്ല ബാക്കിയുള്ളവർ ആസ്വദിക്കുന്നത് കണ്ട് അയാൾ ആസ്വദിച്ചോളും അതുകൊണ്ട് തന്നെ അയാൾക്ക് സുഖമാണ് ബാക്കിയുള്ളവരുടെ സന്തോഷം കണ്ട് അയാൾ സന്തോഷപ്പെട്ടുകൊള്ളും വാൽമീകിക്ക് ആ പക്ഷിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ കോപം വന്നത് ആ പക്ഷിയെ അമ്പത് വീണുമ്പോൾ ആ പക്ഷി താനായിട്ട് മാറിയേ സർവഭൂതാത്മഭൂതാത്മാ മുനിക്ക് വരണതാണത് എല്ലാരും താനാണ് അങ്ങനെയുള്ള ആൾ കുറുവൻ അഭി അയാൾ പ്രവർത്തിച്ചു ഇരുന്നാലും ലിപ്തനാവുന്നില്ല ഒട്ടിപ്പിടിക്കണില്ല എന്നിലും സ്വാർത്ഥതയുണ്ടെങ്കിലേ ഓട്ടിപ്പിടിക്കുള്ളു അയാൾ അസ്പർശയോഗിയാണ് ഗൗഡബാദാചാര്യരുടെ വാക്കാണ് അസ്പർശയോഗോ വൈനാമ സർവസത്വസുഖാവഹ യോഗിനോ ബിഭ്യദേഹി അസ്മിൻ അഭയേഭയദർശിന ചില യോഗികളൊക്കെ ഈ അസ്പർശയോഗത്തിനെ പേടിക്കുന്നു എന്താന്ന് വെച്ചാൽ ദേ വോണ്ട് എ ലോക്കലൈസ്ഡ് സെൻട്രലൈസ്ഡ് ഈഗോ ആൻഡ് വിട്ട് ഈഗോ ദേ വോണ്ട് ടു എൻജോയ് അതിനെ ഇല്ലാതാക്കുന്നതായതുകൊണ്ട് ഈ അസ്പർശ യോഗത്തിനെ ചില ആളുകൾ പോലും ഭയപ്പെടുന്നു സർവഭൂതാത്മഭൂതാത്മാ കുറുവൻ അപി നലിപ്യത നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും സ്പർശമില്ലാതിരിക്കും എല്ലാ ശരീരത്തിലൂടെയും അയാൾ പ്രവർത്തിക്കുന്നു എല്ലാ മനസ്സിലൂടെയും അയാൾ പ്രവർത്തി ചുരുക്കത്തിൽ അയാളല്ല വിശ്വം മുഴുവൻ ഏത് ഭഗവാൻ സർവതപാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതഃശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ടി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃവ നിർഗുണം ഗുണഭോക്തൃജ് എന്ന് പറഞ്ഞു വിശ്വം മുഴുവൻ ഏതൊരു ഭഗവാന്റെ രൂപമാണോ അതിലെല്ലാത്തിന്റെ ചലനത്തിനെയും ഭഗവാന്റെ ചലനമായി കാണുന്ന ഭക്തൻ കർമ്മയോഗിയാണ് അങ്ങനെയുള്ള ആളുടെ എല്ലാ പ്രവൃത്തിയും അയാളുടെ പ്രവൃത്തിയല്ല ആ ഭഗവാന്റെ ദേവാത്മശക്തിയുടെ പ്രവൃത്തിയാണെന്ന് അയാൾക്ക് നിരന്തരം അറിയാം ദേവ്യയായാ തഥമിതം ജഗത് ആത്മശക്തിയാ നിശേഷ ദേവഗണശക്തി സമൂഹമൂർത്തിയാ തതമിതം ജഗത് ആത്മശക്തി ആത്മശക്തിയാണ് അവൾ ആത്മാവിന്റെ അനിർവചനീയ ശക്തിയാണ് എല്ലാ ശരീരങ്ങളെയും തൻ വശപ്പെടുത്തി കൊണ്ട് ശരീരങ്ങൾ കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന ആ ശക്തിക്ക് താൻ വശപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അയാൾ അസ്പർശയോഗിയാണ് സർവഭൂതാത്മഭൂതാത്മാവാണ് അയാളുടെ ഇന്ദ്രിയങ്ങളൊക്കെ സഹജമായി നിയന്ത്രിതമാവും കാരണം ഈ ഇന്ദ്രിയത്തിലൂടെ തന്നെ ആസ്വദിക്കണമെന്ന് അയാൾക്കില്ല ബാക്കിയുള്ളവർ ആസ്വദിച്ചാൽ മതി ബാക്കിയുള്ളവർ ഊണ് കഴിച്ചാൽ മതി നമുക്ക് സ്നേഹം ഉണ്ടാവുമ്പോ അമ്മമാർക്ക് കുട്ടികളൊക്കെ കഴിച്ച് തനിക്കൊന്നും ഇല്ലെങ്കിലും സന്തോഷമായിട്ട് കിടന്നുറങ്ങണില്ലേ കുട്ടികൾക്ക് തന്റെ കുട്ടികൾക്ക് എന്നുള്ള ഭാവം വരുമ്പോ കുട്ടികളോട് അമ്മമാർക്ക് സംഭവിക്കുന്നത് എന്താ ആ കുട്ടിക്ക് വേണ്ടി കൊടുത്തിട്ട് ഈ അമ്മ നാച്ചുറലായി എല്ലാ അമ്മയിലും നിങ്ങൾക്ക് കാണാം അമ്മമാരില് ഏറ്റവും സ്വാർത്ഥയായ സ്ത്രീ പോലും ചിലപ്പോ അമ്മയാവുമ്പോ അവളിൽ ഒരു ത്യാഗം ആ കുഞ്ഞിനു വേണ്ടി എന്തും സഹിക്കാനുള്ള ഒരു സ്വഭാവമൊക്കെ എവിടുന്നുണ്ടാവണോ നേച്ചറില് മൃഗങ്ങളിലും കാണാം നിങ്ങൾക്കത് മൃഗങ്ങളൊക്കെ അങ്ങനെ ആവണം അത് എവിടുന്നുണ്ടാവണോ അത് ആ അല്ലെങ്കിൽ മനുഷ്യൻ്റെതോ അല്ല മാതൃത്വം പ്രകൃതിയുടെ മാതൃത്വം ആ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നതാണ് ഇറ്റ് ഈസ് ഹിഡൺ വിത്തിൻ എവറി പേഴ്സൺ യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത അതിനാണ് നമ്മൾ ഹൃദയം എന്ന് പറയണത് അരുൾ എന്ന് പറയണത് കരുണ എന്ന് പറയുന്നത് ആ കരുണ സ്വാർത്ഥത പോകുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഇറ്റ് വിൽ മാനിഫെസ്റ്റ് ഭഗവാൻ ഉള്ളിൽ ആവിർഭവിച്ചു എന്ന് പറയുന്നു മഹാത്മാക്കളുടെ ലക്ഷണം തന്നെ കാരുണ്യമാണ് അരുൾ വടിവേന്തി യോഗി എന്നും ഒരു മഹാത്മാവ് പറഞ്ഞു ശരീരം ഉപേക്ഷിച്ചാലും അരുൾ വടിവേന്തി അലഞ്ഞിടുന്നു എന്നാണ് കൃപയുടെ വടിവെടുത്ത് പിന്നെയും നിൽക്കും എന്നാണ് എന്നുവെച്ചാൽ അവരുടെ ഉള്ളിലൊരു ആ കാരുണ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാരുണ്യം ആ ശരീരം വീണതോടുകൂടെ പോണില്ല അത് വളരെ പ്രബലമായ ഒരു ആവിർഭാവമാണ് ഒരു അവതാരമാണ് അതിന് ആ ശരീരം ഒരു ചാനൽ ആയി എത്രയുള്ളൂ ആ കാരുണ്യം ആവിർഭവിക്കാൻ അത് ചിലപ്പോൾ ആയിരങ്ങളോളം വർഷങ്ങൾ തുടർന്ന് നിൽക്കും ആ കാരുണ്യം വിശ്വത്തിൽ എല്ലാത്തിനോടും വരുമ്പോ നിസ്വാർത്ഥത സഹജമായിട്ട് വന്നു പോകും ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിയുടെ അടുത്ത് മാത്രം വരുന്നതുകൊണ്ട് അത് അമ്മയുടെ കൺട്രോളിലും ആ അമ്മയുടെ അഹങ്കാരെ എന്ത് ചെയ്യുന്നു അതിനൊരു എന്താണ് ലെൻസ് കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വിട്ട പോലെ ആ തന്റെ അഹങ്കാരം ലെൻസ് കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മാത്രം വിട്ടിരിക്കണത് ഇറ്റ് ബിക്കംസ് സ്ട്രമിൻഡസ് അറ്റാച്ച്മെന്റ് ആസക്തിയായിട്ട് മാറുകയാണ് അപ്പൊ ആ കാരുണ്യത്തിന്റെ ഉറവിടം ആത്മാവാണെന്നും ആ കാരുണ്യം ജഗത്തിന് മുഴുവൻ അധിഷ്ഠാനമായ ഈശ്വരസത്തയുടെയാണെന്നും അതിനെ തന്റെ ഉള്ളിൽ സാക്ഷാത്കരിക്കുന്ന ജ്ഞാനയോഗിയോ ഭക്തയോഗിയോ കർമ്മയോഗിയോ സർവഭൂതാത്മഭൂതാമാത്മാവായിട്ട് തീരും അയാളുടെ ശരീരം വീണുപോയാലും അരുൾവടിവേന്തി അലഞ്ഞിടുന്നു ആ കൃപ ആ ദയാ ആ കാരുണ്യം അതിന്റെ ഫോഴ്സ് നിൽക്കും വ്യാസഭഗവാനും സൂത്രഭാഷ ബ്രഹ്മസൂത്രത്തിലൊക്കെ ഇതിനെ സൂചിപ്പിച്ചു വച്ചിട്ടുണ്ട് ആ കാരുണ്യം എല്ലാ കാലത്തിലേക്കും നിൽക്കും അതൊക്കെയാണ് ഇപ്പൊ കൃഷ്ണൻ ഭാഗവതത്തിൽ പ്രവേശിച്ചു എന്നൊക്കെ നമ്മൾ പറയണത് ആ കൃഷ്ണാവതാരം എവിടെയോ ഉണ്ടായത് ഇത്രകാലം അത് ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താ അരുൾവടിവേന്തി അലയലാണ് കൃഷ്ണൻ അവതരിച്ചുവോ എന്ന് യുക്തിവാദികൾ ചോദിക്കുകയാണെങ്കിൽ അസംബന്ധമായ ചോദ്യമാണ് കൃഷ്ണൻ അവതരിച്ചത് ഉണ്ടോ ബാഹ്യമായി അവതരിച്ചുവോ ഇല്ലയോ ഭാഗവതം എഴുതിയ വ്യാസന്റെ ഉള്ളിൽ അവതരിച്ചു അതാണ് കൃഷ്ണ അവതാരണം കഴിഞ്ഞിട്ട് എത്രയോ ഭക്തന്മാരുടെ ഉള്ളില് അവരുടെ അന്തര്യാമി കൃഷ്ണനായി അവതരിച്ചു എത്രയോ ഭക്തന്മാരുടെ ഉള്ളില് അത് തുടർന്ന് തുടർന്ന് നിന്നു history has no meaning in spiritual life avadharam evide aanu avade kandu keynjal avade aanu avatharikkanathu bhagavan bhagavadathil 24 avadharangale paranjitte rendamathe adhyayathil prathama skandathil moonamathe adhyayathile അവിടെ പറയേണ്ട അവതാര തത്വം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയേണ്ടത്തെ ഈ അന്തര്യാമിയായിട്ടുള്ള ജീവൻ ആ ശക്തിയാണ് അവതരിക്കണത് രാമാവതാരും കൃഷ്ണാവതാരവും ഒക്കെ പോലും ഭക്തന്മാരും ഋഷികളും ഒക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അവരുടെ അന്തര്യാമിയാണ് രാമനുമായിട്ട് കൃഷ്ണനുമായിട്ടൊക്കെ പുറത്തു വന്നത് ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ അടുത്ത് എവിടെ എവിടെ എവിടെ എന്ന് പ്രഹ്ലാദൻ ആ തൂണിൽ നോക്കിയപ്പോൾ പ്രഹ്ലാദന്റെ അന്തർയാമിയാണ് തൂണ് പൊട്ടിച്ച് പുറത്ത് നരസിംഹമായിട്ട് വന്നത് പ്രഹ്ലാദന്റെ ഉള്ളിലുള്ള പ്രേമം ഭക്തിയാണ് ആ നരസിംഹത്തിനെ അവിടെ പുറത്ത് എവിടെ വന്നതല്ല പ്രഹ്ലാദൻ തന്റെ ഉള്ളിലുള്ള കൺവിക്ഷൻ തന്റെ ഉള്ളിലുള്ള ഭക്തി തൻ്റെ ഉള്ളിലുള്ള സാക്ഷാത്കാരം തൂണിലൂടെ നരസിംഹത്തിനെ അവതരിപ്പിച്ചതാണ് അപ്പൊ എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം ഇവിടെയുണ്ട് ആ സത്യസ്വരൂപനായ ഭഗവാനെ അവിടെ കണ്ടെത്തിയവനാണ് ജ്ഞാനനിഷ്ഠൻ അവന് ഉള്ളിൽ ആ പ്രേമത്തിന്റെ ഉറവിടത്തിന് കാരുണ്യത്തിന്റെ ഉറവിടത്തിന് അവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ കർമ്മയോഗമൊക്കെ സഹജമായി കുറുവെന്ന പിന്നെ ലിപ്യത അയാൾ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ ഇന്ന എക്സോസ്റ്റബിൾ സോഴ്സ് ഓഫ് എനർജി അവിടുന്ന് വന്നുകൊണ്ടേയിരിക്കും അത് അയാൾ എത്ര പ്രവർത്തിച്ചാലും ശരി ആ കാരുണ്യത്തിന്റെ ഉറവ് പറ്റില്ല അത് വന്നുകൊണ്ടിരിക്കും ലോകമംഗളത്തിനായി പ്രവർത്തിക്കും സ്വാർത്ഥത അതിനെ കളങ്കപ്പെടുത്തില്ല അവിടെ അഡൾട്രേഷൻ ഉണ്ടാവില്ല ഉള്ളില് അങ്ങനെയുള്ള ആള് കുറുവൻ അപീന ലിപ്യത എത്ര പ്രവർത്തിച്ചാലും എത്ര ചെയ്താലും അതുകൊണ്ട് അയാള് ബന്ധപ്പെടില്ല അങ്ങനെയുള്ള ഭക്തൻ വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ല അയാളുടെ ആന്തരിക സ്ഥിതി എന്താണെന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്തെ നോക്കാം നൈവ കിഞ്ചിത് കരോമീതി യുക്തോമന്യേ പശ്യൻ ശൃവൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗൻപൻ ശസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷീന്ദ്രിഷ വർത്തയൻ